ശ്രദ്ധ എന്നാലുപാതം മൂന്ന് അധികരണം അഞ്ച സോത്രം പ്രതിപത്യ വിശുദ്ധിവിടെ ചർച്ച ചെയ്യുന്നത് അദ്വൈതശ്രുതി നിരാകാംക്ഷ ഉണ്ടാക്കുന്നു അതാണ് ഇവിടുത്തെ പിന്നീട് അവരുടെ മനസ്സിലൊരാകാംക്ഷ ഉണ്ടാകുന്നു അറിയുന്നതിനുള്ള ആകാംക്ഷയില്ല കൃതകൃത്യത എന്ന് പറയും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് അവന് ശോകമോഹങ്ങളില്ല പ്രാപിച്ചിരിക്കുന്നു അടുത്തു പറയുന്നു ഇത് തൈത്തിരി തപിപ്പിക്കുന്നില്ല തത്വത്തെ അറിഞ്ഞവന് താപമില്ല ുഃഖമില്ല എങ്ങനെയുള്ള ദുഃഖമില്ലെന്നാണ് പറയും ഈ മഹം സാധുന അകരവം ഞാൻ പുണ്യം ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പുണ്യമല്ലല്ലോ ഞാൻ ഇതുവരെ ചെയ്തു കൂട്ടിയതെല്ലാം പാപമാണല്ലോ അതാണ് കിമഹം പാപം ഞാൻ എന്ത് പാപമാണ് ചെയ്തത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്ത ഞാൻ ഭൂതകാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തു വേണ്ടത്ര പുണ്യം ചെയ്തില്ല താൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്തില്ല നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് ആ സമയത്ത് പിന്നീടാണ് അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നു ഇന്നാണെങ്കിൽ ഞാനത് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും അന്ന് ഞാൻ അങ്ങനെ ചെയ്തു അതങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ കുറ്റബോധം പിന്നെ അങ്ങനെ ഉള്ള വീഴ്ചകൾ എണ്ണം വരുമ്പോൾ ഭാവിയെക്കുറിച്ചും ചിന്തിക്കും നാളത് എന്നെ പിടികൂടുമോ അന്ന് ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ നാളെ അത് പിടികൂടുമോ എന്നുള്ള ഇതെല്ലാം മനുഷ്യർക്കും ഉള്ളതാണ് വലിയവനും ചെറിയവനും കാരണം പൂർവ്വകാലങ്ങളിൽ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റും ഇനി അങ്ങനെ ശരി ചെയ്താൽ തന്നെ ചില കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്ന ചിന്ത ആർക്കായാലും വരും ഒന്നുമില്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി ചെയ്യാമായിരുന്നു എന്തായാലും പൂർവകാലത്തെക്കുറിച്ചുള്ള ഒരു വ്യഥ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും വരും പിന്നെ കുടിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എപ്പോഴും അതിനെക്കുറിച്ച് ഉള്ള ഭയം അവനെ പിന്തുടരും സംഭവമൊക്കെ കഴിഞ്ഞുപോയി സാധാരണ മനുഷ്യരിൽ എല്ലാ മനുഷ്യരിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കയും വരും നാളെ ഇതൊക്കെ എങ്ങനെ പരിണമിക്കും അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ സാറിന് പറഞ്ഞു വരുന്നത് എന്താണോ അത് തന്നെ വർത്തമാനത്തിൽ ജീവിക്കാലം പോയി തുടച്ചു കളഞ്ഞു മായ്ച്ചു കളഞ്ഞു പോട്ടെ നമുക്കിപ്പം വർത്തമാനത്തിൽ ജീവിക്ക ഇത് എവിടെ മായ്ച്ചത് മായുന്നാണോ എന്നാലും ഒരാശ്വാസം അതിന് ഇത് പറയുന്നത് ഭൂതകാലം തന്നെ കൂടുതലായി വേട്ടയാടുകയും അതിന്റെ കുറ്റബോധത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടി വരികയും ചെയ്യുമ്പോ ഒരാശ്വാസം നമുക്ക് പോട്ടെ കൊച്ചു പിള്ളേരെല്ലാം നിർബന്ധം പിടിച്ച് കരയുമ്പോ അമ്മമാര് സാര പോട്ടെ അപ്പോ അവന് പിന്നെ ആസ്വദിക്കാൻ സെക്കൻഡുകൾ മതി ഇവിടെ തന്നെ എല്ലാം പോയി അവന് എഴുതി ശരിക്കും കാരണം അവൻ്റെ പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ അവൻ ശരിക്കും വർത്തമാനത്തിൽ ജീവിക്കണം അല്ലേ പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല കാരണം അവൻ്റെ മനസ്സിൽ തറച്ച കാര്യങ്ങളാണെങ്കിൽ പോവുമോ എത്ര വർത്തമാനത്തെ ജീവിക്കാൻ വേണമെന്ന് വിചാരിച്ചാലും നടക്കത്ത പക്ഷെ ഇവിടെ ഭാഷകാരൻ പറയുന്ന അതല്ല ഭാഷകാരൻ പറയുന്നത് ഈ പാപ പുണ്യങ്ങളെ സംബന്ധിച്ചുള്ള ആധ്യാത്മിക ബോധമാണ് ഭാഷകാരൻ പറയുന്നത് നമ്മൾ ഈ മുമ്പ് പറഞ്ഞതൊക്കെ ഒരു തരം നീതിബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധം അതൊക്കെയാണ് വിജയിക്കണമെന്നില്ല വിജയിച്ചെന്നൂരാ ചിലർക്ക് ചിലപ്പോൾ അത് കുറച്ച് ആശ്വാസവും കൊടുക്കും നീതിബോധം എന്ന് പറയുമ്പോൾ അത് സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ടാണ് ധാർമ്മികബോധം എന്ന് പറയുമ്പോൾ വ്യക്തിനിഷ്ഠമാണ് അത് അതുകൊണ്ടാണ് നമുക്ക് നീതിശാസ്ത്രങ്ങളുമുണ്ട് ധർമ്മശാസ്ത്രങ്ങളുമുണ്ട് ചിലപ്പോൾ ഇതെല്ലാം ഒന്നിൽ തന്നെ പലതും ചർച്ച ചെയ്യും ധാർമ്മികത എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് അത് വ്യക്തിനിഷ്ഠമാണ് നീതിബോധം അങ്ങനെ ഉണ്ട് അത് സാമൂഹികമാണ് ഇപ്പോ സർക്കാർ പറയുന്നു എല്ലാവരും പൊതുസ്ഥലത്ത് ഇത് ധരിക്കണം ആൾ കൂടുന്നിടത്തെ എന്തു ചെയ്യണം മാസ്ക് വേണം ഇത് മനുഷ്യനുണ്ടാക്കുന്ന ഒരു തരം നീതിബോധമാണ് കാരണം ഇത് തനിക്ക് തന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എന്തുകൊണ്ട് സമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണ് താൻ ഇത് ധരിക്കാതിരുന്നു കഴിഞ്ഞാൽ തൻ്റെ മാത്രം പ്രശ്നമല്ല സമൂഹത്തിനെയും ഇത് ബാധിക്കും തൻ്റെ അടുത്തിരിക്കുന്നവനെയും ബാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാവേലിക്കര പോലീസിന്റെ മാനി അനൗൺസ് ചെയ്യാണ് അവിടെ ഇവിടെ ഹോട്ട്സ്പോട്ടുണ്ട് മന്യ മഹാജനങ്ങളെ ദയവ് ചെയ്തത് നിങ്ങളെല്ലാവരും മാസ്ക് ധരിക്കുക ബ്രേക്ക് ദി ചെയിൻ ഇതെല്ലാം പറയുന്നു അപ്പൊ അത് മനുഷ്യന് നീതിബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളുടെ വിഷയമല്ല അത് സമൂഹത്തിന്റെ വിഷയമാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു മിക്കവാറും കാറിൽ യാത്ര ചെയ്യുന്നവരും ബൈക്കിലും സ്കൂട്ടറിലും യാത്ര ചെയ്യുന്നവരും എല്ലാവരുടെയും മുഖത്ത് മാസ്ക് ഉണ്ട് അവർ യാത്ര ചെയ്തു പോവുകയാണ് ഒരു കാര്യം ഒരാളേ ഉള്ളൂ എന്നെപ്പോലെ എന്നാൽ അവരുടെ മുഖത്ത് മാസ്ക് ഉണ്ട് അപ്പം നീതിബോധത്തെ സംബന്ധിച്ച് ഒരു ഇതുകൂടെയുണ്ട് ആ നീതിബോധത്തെ ഉൾക്കൊണ്ട് താനത് ചെയ്തില്ലെങ്കിൽ സമൂഹത്തിനും ദോഷമാണ് അതുകൊണ്ട് താനത് ചെയ്യണമെന്നുള്ള ബോധം ഉൾക്കൊണ്ട് ചെയ്യുന്നവരുണ്ട് അതൊരു ഭാഗം അതിന് മറ്റൊരു ഭാഗമുണ്ട് എന്താണോ ശിക്ഷയെ ഭയ ഫൈൻ ഉണ്ട് പോലീസ് കൈ ആണെങ്കിൽ ഒരു ബില്ല് എഴുതിയിട്ടും കാശ് കൊടുക്കും ഈ കാശു കൊടുക്കാൻ മടിച്ചിട്ട് എന്താണോ അതും ഒരു നീതിബോധമാണോ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അത് നീതിബോധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ആ ശിക്ഷയെ ഭയന്ന് കാരണം അത് സമൂഹത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് അവൻ വലിയ ഇതൊന്നുമില്ല താൻ മുഖാന്തിരോ അന്യനോണ്ടാകുന്നു ഇല്ലയോ അതൊന്നും അവൻ്റെ ചിന്തയ്ക്ക് വിഷയമേ അല്ല പക്ഷെ തൻ്റെ പോക്കറ്റ് കാര്യമാകുന്നത് അതൊരു വിഷയമാണ് അപ്പോൾ രണ്ടു തരത്തിലും അവിടെ പ്രതികരിക്കും മൂന്നാമതൊരു കൂട്ടരാണ് ഞാനവിടെ കണ്ടത് അവർ മാസ്ക് ധരിച്ചിട്ടേയില്ല മാസ്ക് ഇല്ല ഈ അനൗൺസ്മെന്റ് അവർ കേൾക്കുന്നുണ്ട് അവർക്ക് യാതൊരു കുലക്കുമില്ല ഞാൻ കാറിലിരുന്നോണ്ട് കണ്ട കാര്യമാണ് എനിക്കതിലും ഒരതിശയവും തോന്നിയില്ല എന്തുകൊണ്ട് അവരുടെ മുഖത്ത് മാസ്ക് ഇല്ലാത്തില്ല എനിക്ക് ഒരു അതിശയവും തോന്നിയില്ല നിങ്ങൾക്കും തോന്നത്തില്ല എന്തുകൊണ്ടാണ് അതവിടെ മേഞ്ഞു കിടക്കുന്ന പോത്തുകളാണ് മനസ്സിലായോ പോത്തുകളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല എന്തോ മനസ്സിലായോ പോത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയിലില്ല ഏതിബോധത്തിന്റെ പരിധിക്ക് അപ്പുറമാണ് എന്താ ചിരിക്കൽ പോത്തുകൾ വളർത്തിച്ചിരിക്കുകയാണ് ഇനി എത്ര മൈക്കിലൂടെ എത്ര വോള്യം അനൗൺസ് ചെയ്താലും പോത്തുകൾ മാസ്വീകരിക്കും ഒരിക്കലും അവർക്കത് ഈ പറയുന്ന സാമൂഹ്യബോധമോ അല്ലെങ്കിൽ ശിക്ഷാബോധമോ ഒന്നും അവർക്കുണ്ടാവില്ല ആ ഒരു ബോധ തലത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എത്തുമില്ല അത് എന്താണോ പരിണാമത്തിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ പോയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കടന്നു കിട്ടിയാൽ ഇതിൽ ഏതെങ്കിലും രണ്ടില് പെടും ഒരു സമൂഹത്തിലല്ലായ്പ്പോഴും നിയമങ്ങൾ പുലർത്തിപ്പോകുന്നു എന്തുകൊണ്ടാണ് അവർ കള്ളനെ പിടിച്ച് ജയിലിടുന്നു സാമൂഹ്യനീതിയാണ് കാരണം അവൻ പുറത്ത് നടന്നു കഴിഞ്ഞാൽ വീണ്ടും മോഷ്ടിക്കുന്നു അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് നീതിന്യായ വ്യവസ്ഥ നീതിപാലകന്മാർ പറയുന്നത് കൊണ്ടാണ് അതിനെ കുറിച്ചെല്ലാ ഭാഷകാരൻ ഈ വിഷയത്തെ അങ്ങനെ എല്ലാ ഭാഷകാരൻ കാണുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് എല്ലാ പോത്തുകളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല അത് ധാർമ്മിക ബോധത്തിലേക്ക് വന്നാലോ ധാർമ്മിക ബോധത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറയുന്നു അത് വ്യക്തിനിഷ്ടമാണ് അസത്യം പറയരുത് എന്ന് പറയും അത് വ്യക്തിനിഷ്ടമായി പാലിക്കേണ്ട കൂടുതൽ സമൂഹത്തിൽ അതിന് വിലയില്ലെന്നല്ല അത്യൻ്റെയുമായും വ്യക്തിനിഷ്ഠമായി അതിനൊരാധ്യാത്മിക വശമുണ്ട് അതുകൊണ്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ ലംഘിച്ചാലോ അവിടെ പ്രായച്ചിട്ടെന്ന് പറയും അങ്ങനെ അസത്യം പറഞ്ഞെങ്കിൽ സ്മൃതികളിലൊക്കഥ പറയും അതിന് സ്വയം പ്രായച്ചത്വം ചെയ്താൽ അങ്ങനെ തോന്നിയാൽ അവൻ്റെ ധാർമ്മികബോധം എന്ന് പറയുന്നതാണ് ആ ധാർമ്മിക ബോധമുള്ളവന് അവൻ തെറ്റ് ചെയ്യുമ്പോൾ പ്രായച്ചത്വവും ചെയ്യണമെന്ന് തോന്നി തെറ്റ് സംഭവിച്ചു പോകുന്നതാണ് അവൻ തെറ്റ് പറഞ്ഞു പോകുന്നത് അവൻ്റെ സാഹചര്യം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ മാനസിക കൊണ്ടോ ആകാം രണ്ടുകൊണ്ടായാലും ശരി അതിന് അവൻ തന്നെയാണ് ശിക്ഷ വിധിക്കുന്നത് എന്താണ് പ്രാണായാമം ചെയ്യുക ഇത്ര പ്രാണായാമം എട്ട് പ്രാണായാമം ചെയ്യുക അപ്പോൾ അതവൻ്റെ ധാർമ്മികബോധത്തിൽ നിന്നുകൊണ്ട് അവനത് ചെയ്യാൻ പറ്റി നീതിബോധത്തിൽ നിന്നും വളരെ ഉയർന്നതാണ് ധാർമ്മിക ബോധം അതുകൊണ്ടാണ് അതിനവിടെ പോലീസ് ഇല്ല ജഡ്ജി ഇല്ല വിധിയില്ല അവിടെ അവന് ധാർമ്മിക ബോധമുള്ളതുകൊണ്ട് അവൻ തന്നെയാണ് അവിടുത്തെ കുറ്റവാളി അവൻ തന്നെയാണ് ജഡ്ജി അവൻ തന്നെയാണ് വിധിക്കുന്നത് ധർമ്മികബോധത്തിന് അടിസ്ഥാനം എന്താണ് ഇതാണ് എന്താണ് അതിന്റെ അടിസ്ഥാനം നമ്മുടെ സ്മൃതികളിലൊക്കെ പറഞ്ഞു പുണ്യപാപചിന്ത ഈ നീതിബോധം എന്ന് പറയുമ്പോൾ അവിടെ അതൊന്നുമല്ല വിഷയം അതായത് നമ്മൾ റോഡിലിറങ്ങിയ ട്രാഫിക് റൂളുകൾ പാലിക്കണം അത് വയലേഷൻ പാടില്ല എന്നു പറയും നമ്മുടെ പുണ്യ പാപ പുണ്യ ചിന്ത കൊണ്ടല്ല അതൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് അതിനെ നമ്മൾ പാലിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ പ്രത്യക്ഷമായ ദുരന്തങ്ങൾ തന്നെ നമുക്കുണ്ടാകും ഇടത് സൈഡിൽ കൂടെ പോകുന്നതിന് പോലെ വലിയ സൈഡിൽ കൂടെ പോയാൽ ആക്സിഡൻ്റ് ഉറപ്പാണ് അതൊന്ന് പുണ്യപാപ നീതിബോധം പലപ്പോഴും നമ്മുടെ ശാസ്ത്രങ്ങളിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് പലപ്പോഴും ഒട്ടുമിക്കവാറും അത് പാവപുണ്യ ചിന്തയ്ക്കനുസരിച്ചല്ല അത് സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരേർപ്പാടാണ് അത് മിക്കവാറും അത് രാജാവ് നടപ്പിലാക്കും നീതിപാലകന്മാരുണ്ട് അല്ലെങ്കിൽ നീതി കുറ്റവും തെറ്റും ശരിയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് ശിക്ഷ വിധിക്കുന്ന നീതിപാലകനുണ്ട് ജഡ്ജി അവരൊക്കെയാണ് അത് എല്ലാ സമൂഹങ്ങളിലും പ്രാചീനകാലം പോലെ ഇത് രണ്ടുമുണ്ട് ഇത് രണ്ടെന്നും വ്യത്യസ്തമാണ് എന്തത് ഇതിനെല്ലാം ധാർമ്മിക ബോധമല്ല നീതിബോധമല്ല ആധ്യാത്മിക ബോധം ഇവിടെ ഈ പറയുന്നത് പാപപുണ്യങ്ങളെ സംബന്ധിച്ചുള്ള ആധ്യാത്മിക ബോധം അതാണ് ഭാഷകാരനോട് പറയുന്നത് അദ്വൈതവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് മറ്റു പറഞ്ഞത് അദ്വൈതമായിട്ട് ബന്ധമൊന്നുമില്ല ധാർമ്മിക ബോധം നമുക്കുണ്ടാക്കിത്തരുന്നതാണ് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കും അല്ലെങ്കിൽ ഇത്തരം ശാസ്ത്രങ്ങളായിരിക്കും തെറ്റ് ചെയ്യരുത് ചെയ്താൽ നിന്ന അത് ചെയ്യുക പ്രായവും തപപ്രോക്തം ചിത്രം നിശ്ചയിച്ചത് പ്രായ്ചിത്തനുസ്മൃതി മനുസ്മൃതിയിലും മറ്റും പറയുന്നു ഇനി അത് ആവർത്തിക്കുകയില്ല എന്നുള്ള ദൃഢമായ ബോധം ആ ബോധത്തോടുകൂടി എന്താണോ അതിന് പരിഹാരം പറഞ്ഞിരിക്കുന്നത് പഞ്ചവിവ്യ സേവിക്കുക എന്നാണെങ്കിൽ അത് അത് സേവിച്ചു കഴിഞ്ഞാൽ ആ ധാർമ്മിക ബോധമുള്ള ഒരുവന് മാത്രമേ പാപപുണ്യ ചിന്തയുള്ളൂ അല്ലാത്തവനതില്ല അപ്പോൾ ആ പാപ പുണ്യ ചിന്തകളിൽ അവന് തെറ്റ് എന്ന് വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ പാപചിന്ത വരും അപ്പോൾ പാപത്തിൽ നിന്ന് മുക്തി നേടി എന്ന് ധാർമ്മിക ബോധത്തിൽ അവൻ വിശ്വസിക്കുകയാണ് അപ്പോൾ തന്നിൽ പാപ സഞ്ചയിക്കുന്നു പാപമുക്തി പുണ്യം സഞ്ചയിക്കുന്നു പുണ്യവൃദ്ധി ഇതെല്ലാം വിശ്വാസ സിദ്ധാന്തങ്ങളാണ് എന്തുകൊണ്ട് വിശ്വാസ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതാണ് ആ അത് അതീന്ദ്രിയങ്ങളാണ് ഇതെല്ലാം അതീന്ദ്രിയ വിഷയങ്ങളിലെല്ലാം നമുക്ക് വിശ്വസിച്ച മതിയാവും എന്തിനു വിശ്വസിക്കുന്നു ശാസ്ത്രപരമാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വളരെ ബാല്യം മുതലേ അത്തരം ധാർമ്മികബോധം പാപ പുണ്യചിന്തയിൽ വളർന്നു വരുന്നവർ ഇതിനെയൊക്കെ കാണുന്ന ഒരു രീതിയിലായിരിക്കും അങ്ങനെ അല്ലാത്തവർ ഇതിനെയൊക്കെ കാണുന്ന വേറെ രീതിയിലായിരിക്കും രണ്ടു രീതിയിലായിരിക്കും ഇപ്പൊ ചിലർ വളരെ ആചാരനിഷ്ഠന്മാരായിരിക്കും നമുക്ക് കാണാം വളരെ ആചാരനിഷ്ഠ നമ്മൾ വിചാരിക്കും ഇവരെന്താ ഇത്രയും വലിയ എന്നുവെച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പല്ല് തേക്കുന്നതിനും കുളിക്കുന്നതിനും കിടക്കുന്നതിനും ഇരിക്കുന്നതിനും എഴുന്നേൽക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും എല്ലാ ആചാരം അത് അല്പം പോലും തെറ്റിക്കഴിഞ്ഞാൽ അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം എവിടെ എന്ത് തെറ്റിയാലും പിന്നെ അതിന് പ്രായച്ചിത്തും ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അവർ എത്രയും ആചാരം നിഷ്ടം വരാതെ ചിലർ എവിടെ പോയാലും കുളത്തിലേ കുളിക്കും പൈപ്പിൽ കുളിക്കത്തില്ല നമ്മൾ വിചാരിക്കും ഉള്ളാലും നല്ല ആചാരം ഇവൻ്റെ ഉള്ളിൽ തീയാണ് എന്തുകൊണ്ട് പൈപ്പിൽ കുളിച്ചു കഴിഞ്ഞാൽ അവൻ പ്രായശിത്തം ചെയ്യണം പ്രാണായാമം ചെയ്യണം ചിലവും പഞ്ചഗവിയും വരെ സേവിക്കേണ്ടി വരും അത് അവരുടെ മനസ്സിനങ്ങനെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ വലുതായ പാവബോധം തോന്നും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ളവർ ആചാരബദ്ധമായി ജീവിക്കുന്നത് അത് ശരിയോ തെറ്റോന്നുള്ള വേറൊരു കാര്യം അതവരവരുടെ കാഴ്ചപ്പാട് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമ്മൾ കണ്ടിട്ട് വാക്ക് ഉളക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ പിന്നിലിതാണ് അവരുടെ പുണ്യപാപചിന്തയാണ് അത് ശരിയാവാൻ തെറ്റാവാം അത് അവനവനാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ പുണ്യപാപചിന്ത ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ അവന് ഈ പാപബോധത്തിൽ മനുഷ്യന് ജീവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പം അവിടെ ധാർമ്മിക ബോധമുള്ളവന് പാപത്തിന് പരിഹാരമായി വിരിച്ചിരിക്കുന്നതാണ് പ്രായശ്ചിത്തം അത് വിശ്വാസം ഒന്നാണ് പ്രായശ്ചിത്തം കൊണ്ട് ആ പാപകർമ്മത്തിൽ നിന്ന് അവൻ സഞ്ചയിച്ച പാപം നശിക്കുന്നു എന്നാ അവൻ ആശ്വാസമായി പാവം ചെയ്തു പാപം സഞ്ചയിച്ചു പക്ഷെ ഈ പ്രായശത്തോടത്തോടു അത് നശിച്ചു ഫ്രീ ആയി പിന്നെ അടുത്ത പാപത്തിൽ ചെന്ന് അതുവരെ ഫ്രീ എൻ്റെ ഏതെങ്കിലും ഇൻ്റെ ആചാരങ്ങളിൽ നമ്മൾ ഈ ആചാരം ആചാരമെന്ന് പറയും ആചാരത്തിന് വേണ്ടി നമ്മൾ ആത്മഹത്യ ചെയ്യാനും തയ്യാറാണ് പക്ഷെ എന്തിനു വേണ്ടി ആചാരം അതറിയത്തില്ല എന്തിനീ ആചാരം പാലിക്കുന്നു അത് നമുക്കെന്നെ അറിയത്തില്ല ആചാരം പാലിക്കുന്നതിന് വേണ്ടിയാണ് പാപ പുണ്യ ചിന്ത കൊണ്ടാണ് അത് പാലിക്കേണ്ടി വരുന്നത് ലംഘിച്ചാൽ ആചാരത്തിൻ്റെ ഉല്ലംഘനം പാപത്തിന് കാരണമാകുമെന്നാണ് നമുക്ക് പാപപുണ്യ ചിന്തയെന്നില്ല പക്ഷെ നമുക്ക് ആചാരമുണ്ട് ഇതിൻ്റെ എന്താ ഇതിൻ്റെ അടിസ്ഥാനം ഇതെവിടുന്ന് വന്നു എവിടുന്നാ വന്നത് ഏ അങ്ങനെ സ്വന്തം മൂഢത ഇതിനെക്കുറിച്ച് അറിയത്തില്ല കേവലം അനുകരണം മറ്റുള്ളവർ ചെയ്യുന്ന നമ്മളും ചെയ്യുന്നു എന്തിനു വേണ്ടി നമുക്കറിയത്തില്ല നാട്ടുകാർ പറയുന്ന നമ്മളും കേൾക്കുന്നു പിന്നെ അതിനകത്ത് പല കാര്യങ്ങളും വരും ഇന്ന് അതൊക്കെ അതിനെ പല രീതി ചിന്തിക്കണം നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ പോരാ ഇന്നത്തെ സാമൂഹിക അവസ്ഥകൾ രാഷ്ട്രീയം എല്ലാം വെച്ച് ചിന്തിക്കുന്നു അതിലേക്കൊന്ന് ഞാൻ പോകുന്നുണ്ട് ഞാനിവിടെ പറയുന്നതാ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിങ്ങൾ മനുസ്മൃതിയോ ഗൌതമ സ്മൃതിയോ ഒക്കെ വായിച്ചു നോക്കുക അവിടെയല്ല ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ധാർമ്മികബോധത്തെ പക്ഷെ നീതിബോധത്തെ സംബന്ധിച്ചതാണോ അങ്ങനെ ഒരു ധാർമ്മിക ചിന്തയില്ലാത്തവനും അവനും നീതിയെ അവൻ പാലിച്ചു സാമൂഹ്യനീതി അവൻ പിന്തുടർന്നേ പറ്റൂ ഇല്ലെങ്കിൽ അവൻ പ്രായച്ചത്തോന്നും ചെയ്യണ്ട പിന്നെയോ അവനെ അകത്തിടും പിടിച്ച് ഇതൊക്കെ പഴയ കാലത്ത് ഒരു ഓരോരോ വ്യവസ്ഥിതികൾ കാലം കൊണ്ട് രൂപപ്പെട്ടു വന്നാണ് ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനുഷ്യന് വളരെ കാലം ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഓരോരോ വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയാണ് അതിനകത്തൊക്കെ ഗുണവുമുണ്ട് അതിനകത്തൊക്കെ ദോഷങ്ങളുണ്ട് ഇതെല്ലാം പരമപവിത്രമെന്നൊന്നും പറയാൻ പറ്റില്ല കുറേ ഗുണങ്ങളുണ്ട് കുറേ ദോഷങ്ങളുമുണ്ട് അതായത് എവിടെയാണോ നമ്മുടെ ധാർമ്മിക ബോധം പരാജയപ്പെടുന്നത് അവിടെയാണ് നീതിബോധം ആരംഭിക്കുന്നത് ആണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒരാൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരാളിവിടെ തെറ്റ് ചെയ്ത് പക്ഷേ അയാൾക്ക് തെറ്റാണെന്ന് അയാൾക്ക് തിരിച്ചറിവുണ്ടായി അയാൾ പ്രായ ചിത്തം ചെയ്യും അത് മതി അയാളെ പിന്നെ ശിക്ഷിക്കാൻ വേണ്ടി രാജാവും ജഡ്ജിയൊന്നും ആവശ്യം പോലീസും പട്ടാളവും തന്നെയാണ് കാരണം എന്തുകൊണ്ട് പിന്നീട് അയാൾ ആവർത്തിക്കില്ല എന്നുള്ളൊരു നിശ്ചയം കൂടി അതിനകത്തുണ്ട് പ്രായ ചിത്ത വീണ്ടും ആവർത്തിച്ചു കൂടാമെന്നില്ല പക്ഷെ അയാളുടെ ആഗ്രഹം ആവർത്തിക്കരുതെന്നാണ് വീണ്ടും അയാളുടെ ദുർബലമായ മനസ്സ് വീണ്ടും അതിലേക്ക് അയാൾ കൊണ്ട് ചാടിക്കാം ചാടിച്ചാൽ വീണ്ടും അത് ഇന്ന് ചെയ്യുക അതിന് വേറെ വഴിയില്ല എന്നാൽ ഇത് പൂർണമായും പരാജയപ്പെട്ടാലോ അതാണ് കള്ളൻ വീണ്ടും വീണ്ടും മോഷ്ടിക്കുന്നു അവനെ പിടിച്ചകത്തിട്ടാൽ അവൻ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന എന്താണ് പുറത്തിറങ്ങിയ ആരുടെ പൂട്ട് കൊളിക്കണം അല്ല അവൻ ഒരിക്കണം പ്ലാൻ ചെയ്യുന്നത് തെറ്റാണ് ഇനി ആരുടെയും പൂട്ട് പൊളിക്കാൻ പാടില്ല അങ്ങനെ ഒരു ചിന്തയുണ്ടാവും ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവൻ ആരായി മാറണം ധാർമ്മികനായി മാറണം അതിനാണ് നമ്മൾ അവിടെ പോയി അവരെ യോഗയൊക്കെ പഠിപ്പിക്കുന്നു പക്ഷെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ മനസ്സിലെന്തായിരിക്കും അടുത്ത പൂട്ടവിടെയാണ് പൊളിക്കേണ്ടത് മാറ്റം വരൂ വന്നാൽ കൊള്ളൂ നമ്മുടെ ആഗ്രഹം അതാണ് സാധ്യത വളരെ കുറവാണ് ഇവിടെ പ്രബലമായ സംസ്കാരം എന്ത് ചെയ്യുന്നു ആയിരത്തിൽ ഒരുവന് ചിലപ്പോൾ എന്ത് വരും അങ്ങനെ ചരിത്രം അത് ഈ അടുത്ത കാലത്തൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പറയുന്നത് ഞാൻ കേട്ടു ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു കള്ളനെ അയാൾ ഒരു ദിവസം വിളിച്ചത് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടായ അയാൾ മദ്യം മയക്കും മരുന്ന് ഒന്നും അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അയാളോട് ഇദ്ദേഹം പറഞ്ഞു നിനക്കെന്താ മോഷണം നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു നിനക്കത് ഇത്രയും നല്ല ക്വാളിറ്റീസ് ഉണ്ടല്ലോ ആള് പറഞ്ഞു എന്തു ചെയ്യാൻ സാറേ ആഗ്രഹമുണ്ട് മറ്റേ പറ്റുന്നില്ല ഇതാണ് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് അവൻ അത് തന്നെ അപ്പോൾ അവനിടയ്ക്കിടയ്ക്ക് ജയിൽവാസം വേണ്ടി വരും അപ്പോൾ അവിടെ ഈ നീതിബോധത്തിനൊരു കുഴപ്പമുണ്ട് നീതിബോധം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ എന്താണോ ഒരാളെ ഇയാളൊരു തെറ്റുകാരനാണോ ഒരു കുറ്റാരോപണം വരുന്നു അത് ചിലപ്പോൾ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടായിരിക്കും മറിച്ചാകാം ഒരന്വേഷണം വരുന്നു ജയിലിൽ പിടിച്ചിടുന്നു വിചാരണ നടത്തുന്നു വിധിക്കുന്നു ഇതിനിടയ്ക്ക് അയാൾ തെട്ടുകാരനാകാകാതിരിക്കാം ഇതാണ് ഇതിൽ വരുന്നവർ തകരാറ് രണ്ടും സംഭവിക്കാം മറ്റേ പ്രക്രിയയാണ് അയാൾ കുറ്റാരോപിതനായി കണക്കാക്കിക്കൊണ്ടാണ് നടപടികളെല്ലാം തുടരുന്നത് അയാൾ നിരപരാധിയായിരിക്കാം പക്ഷെ വെറുതെ വിടാൻ പറ്റത്തില്ല തെളിവുകൾ അയാൾക്കെതിരാണെങ്കിൽ അയാൾ കുറ്റവാളിയായിരിക്കാം തെളിവുകൾ അനുകൂലിക്കുന്നില്ലെങ്കിൽ അയാൾ വെറുതെ വിടും അപ്പം നീതിബോധത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് നീതിന്യായത്തിന് അതിൻ്റെ ഒരു തകരാറാണ് പക്ഷെ ധാർമ്മിക ബോധത്തിന് അങ്ങനെ ഇല്ല എന്താണ് അയാൾക്ക് ബോധ്യം വരുന്ന കാര്യമാണ് അത് വേറെ അരയാൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല സ്വയം ബോധ്യപ്പെടുന്നു കാരണം അയാൾക്ക് ധാർമ്മിക ബോധമെന്ന് പറയുന്ന ഒന്നുണ്ട് ബോധ്യപ്പെട്ടാൽ അയാൾ അതിന് പ്രായച്ചെത്ത വഴിക്ക് പോകുന്നു അതുകൊണ്ട് ഈ നീതിബോധത്തിൻ്റെ തരുത്തി വരുമ്പം ആര് ശരി ആര് തെറ്റ് അത് പൂർണമായും അറിയുന്നത് ഈശ്വരന് മാത്രേ അറിയാൻ പറ്റൂ പിന്നെ അവനും അറിയാൻ പറ്റും ചെയ്യുന്നവനറിയാൻ പറ്റും പിന്നെ ഈശ്വരനും അറിയാം എന്താണ് സത്യം എന്നുള്ളത് പക്ഷെ സമൂഹം കാണുന്നത് ചിലപ്പം നിരപരാധി തെറ്റുകാരനായും അത് നീതി ന്യായത്തിൻ്റെ ഒരു ദോഷമാണ് തെറ്റുകാരന് തെറ്റില്ലാത്തവനുമായിട്ടൊക്കെ കാണും ഇവിടെ ആധ്യാത്മികമായി ഇത് ഞാൻ പറയുന്നതും വിളിയും പറയുന്ന പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും കാണും ഒരാൾ ചിന്തിക്കുന്നു എനിക്കെന്തുകൊണ്ട് പുണ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്തു അതിന് വർത്തമാനത്തിൽ ജീവിച്ചാലൊന്നും അവന് പരിഹാരമാകത്തില്ല എന്തുകൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ പോകുന്ന കാര്യമില്ല വീണ്ടും വീണ്ടും അത് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും മറ്റൊരാശ്വാസം മാത്രമാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നു രക്ഷപ്പെടാൻ കഴിയത്തില്ല ഇത് ആർക്കാ പ്രശ്നം വന്ന് ഞാൻ പറഞ്ഞേ പോത്തിന് മാസ്ക് ഇട്ടാനും വിട്ടില്ലെങ്കിൽ അതിനൊരു വിഷയമേ ഇല്ല ഞാനും കഴിഞ്ഞ ദിവസം ഞാൻ ആരോടൊപ്പറയും ചെയ്തു ഞാൻ കുറച്ച് കഴിഞ്ഞവണ ഞാൻ പോയിട്ട് വന്നപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ കണ്ട ഒരു കാഴ്ചയാണ് എന്താണ് ഒരു പട്ടിക്ക് മാസ്ക് ഇട്ടിരിക്കുന്നു ഞാൻ പറയുകയും ചെയ്തു വിട്ടു പട്ടിക്ക് മാസ്ക് ഇട്ടിട്ട് അതിനൊരു വിഷയമേ ഇല്ല വേണമെങ്കിൽ അതിനകത്ത് കടിച്ചുപറിച്ചു കളയാം അതിന് പക്ഷെ അത് മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ കുറയ്ക്കുന്നു ഞാൻ കണ്ടതാണ് അപ്പൊ അതൊരു വിഷയമല്ല അതിനെ സംബന്ധിച്ചു ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നപ്പോ നമുക്ക് കുറച്ച് ധാർമ്മിക ബോധം ഉണ്ട് അതുണ്ട് എന്നാൽ വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്യും സംഭവിച്ചു സംഭവം പിന്നെ ഏത് വീഴ്ചയും അത് സംഭവിക്കുന്ന സമയത്ത് എന്താണോ എന്താണ് സീരിയസ് അല്ല വളരെ സിമ്പിളാണ് സംഭവിച്ചു കഴിഞ്ഞാലോ ഭയങ്കര സീരിയസ് ആകും സംഭവിച്ചു കഴിഞ്ഞിട്ടാണോ സീരിയസ് ആകും സംഭവിക്കുന്നു സിമ്പിൾ അതിന് വലിയ കാര്യമൊന്നും ഞാൻ മാത്രം മോഷ്ടിക്കാതിരുന്ന ഞാൻ മാത്രം കൈക്കൂലി വാങ്ങിക്കാതിരുന്ന ഈ ലോകം നന്നാവും അതുകൊണ്ട് ഞാനും വാങ്ങിക്കാം അവസാനം ഇത് വന്ന് കയ്യോടെ പിടികൂടുമ്പോഴാണ് അത് സീരിയസ് ആകുന്നത് ഏതെങ്കിലും തരത്തിൽ സംഗതി പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത് പിന്നെ കിടന്ന് കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് അവന് കുറച്ച് ധാർമ്മിക ബോധമുണ്ട് എന്നാൽ അവൻ്റെ പ്രബലമായ സംസ്കാരങ്ങൾ അവൻ്റെ ധാർമ്മിക ബോധത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു അവിടെയാണ് പ്രസംഗം അത്തരം കാര്യങ്ങൾക്കൊന്നുള്ള പരിഹാരമല്ല ഭാഷകാരൻ കൂടെ പറയുന്നത് ഇത് അങ്ങനെയൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് നേതി നേതി പ്രക്രിയയാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ എന്തല്ല എന്ന് ഒരുപാട് മനസ്സിലാക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങനെയാണ് അതാണ് അതായത് ഒരുവനിൽ വരുന്ന പാപബോധം അത് ഈ പറയുന്ന അഭ്യാസങ്ങളുണ്ടെന്നു അതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ പുതിയ ആത്മീയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പ്രക തന്നെ കാണും ലോകത്തിൻ്റെ മുമ്പില് എങ്ങനെയൊക്കെ നടിച്ചാലും ശരി ഉള്ളിൽ വേറെ നാടകം നടിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം പുറമേ ഒരു നാടകമായിരിക്കും ഉള്ളിൽ മറ്റൊരു നാടകമായിരിക്കും രണ്ട് നാടകങ്ങൾ നാടകം കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ വരുന്ന കുഴപ്പം അതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്താണ് ഗുണാതീതൻ ഗുണാതീതനായിരിക്കും ഗുണാ ഗുണേഷനുസരിച്ചേ ഇതൊന്നും കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഓ ഇതൊന്നും സാരമില്ല അത് അങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു അതാണ് ഇതാണ് ഇതൊന്നും ഇതിന് സമാധാനമല്ല അതെല്ലാം അങ്ങനെയല്ല എന്തെല്ലാം ചിന്തിച്ചാലും ശരി അവന്റെ ദൃഢമായ പാപസങ്കല്പങ്ങളിൽ നിന്നവന് മോചനമില്ല അതിനു വേറെ വഴിയൊന്നുമില്ല അതിനൊരു വഴിയേ എന്താണോ അത്തരം സാഹചര്യങ്ങൾ ഇത്തരം പാപകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാതെയുള്ളൂ ഒരു വഴി ഈ പറയുന്ന കന് പരിഹാരമാണെന്ന് വ്യാഖ്യാനിക്കരുത് പിന്നെ അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയാലോ അതനുഭവിച്ചു തന്നെ തീരുന്നു മെഴുകു തിരിയറിയുന്നത് പോലെ എന്താണ് ഉരുകി ഉരുകി തന്നെ തീരുന്നു അത് ആശ്രമത്തിൽ പോയാലും ശരി വീട്ടിൽ ഇരുന്നാലും ശരി എവിടെ പോയാലും ശരി അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നേരം ഞാൻ പറഞ്ഞല്ലോ മുഖം മൂടി ഇടാത്തവരുടെ കാര്യം ആരാണ് ഉം ആരാണ് പോത്തുകൾ അത് മാത്രം എന്താ മറന്നുപോകുന്നു ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ആയ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ലോകത്തിന് എന്ത് എന്തു വന്നാലും പ്രശ്നമില്ല മലയാളത്തിൽ പറയും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്ന് പറയും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ആധ്യാത്മികത ഭാഷികാരൻ ഇവിടെ പറയുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് അതിനൊന്നും പരിഹാരമേ അല്ല അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ വ്യാഖ്യാനിച്ച് നമുക്ക് സമാധാനപ്പെടാൻ പറ്റത്തില്ല ഇവിടെ ഭാഷകാരൻ പറയുന്നത് നമ്മൾക്ക് സംഭവിക്കുന്ന വീഴ്ചകളെ കുറിച്ച് എന്താ പറയുക ഇവിടെ പാപം എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രസിദ്ധാന്തങ്ങൾക്കനുസരിച്ച് സഞ്ചിതമായ പാപങ്ങളെക്കുറിച്ചാണ് അങ്ങനെ സഞ്ചിതമായ പാപങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആസ്തികനെ സംബന്ധിച്ചായി പറയുന്നു അത് വ്യക്തമായും മനസ്സിലാവും തനിക്ക് അനേക ജന്മങ്ങൾ കടന്നു പോയെന്നും ആ ജന്മങ്ങളിലെല്ലാം താൻ അനേകം പുണ്യപാപങ്ങളെ കോടിക്കോടി സമ്പാദിച്ചെന്നും ഇതിന് അനേക ജന്മങ്ങൾക്ക് കാരണമായി തീരും എന്ന് വിശ്വസിക്കുന്ന ഒരുവൻ അവനാണ് ആസ്തികനെന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണല്ലോ അവനെ സംബന്ധിച്ച് അത് വിശ്വാസമല്ല യാഥാർത്ഥ്യമാണ് വിശ്വാസം ദൃഢമായാൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതിൽ നിന്ന് മാറി എന്നിട്ടാണ് ഒരാൾ പറയുന്നത് അതൊരു വിശ്വാസമാണ് അവനെ സംബന്ധിച്ച വിശ്വാസം ഈശ്വരനാണ് തന്നെ നയിക്കുന്നതെന്ന് ഒരാൾ വിശ്വസിക്കുന്നുവെന്ന് മാറിയെന്ന് ഒരാൾക്ക് പറയാം അയാളെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യമാണ് വിശ്വാസം അതിനെ നിരീക്ഷിച്ചിട്ട് ഒരാൾ പറയുന്ന ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണെന്ത് ഈശ്വരൻ അയാളുടെ ഒരു വിശ്വാസമാണ് അയാളെ സംബന്ധിച്ച് അങ്ങനെ അല്ല അതയാളെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യമാണ് അതുപോലെയാണ് ആസ്തികനെ സംബന്ധിച്ചും ജന്മാന്തരങ്ങളിൽ സഞ്ചയിച്ചിരിക്കുന്ന പാപം പുണ്യം അത് മരണസമയത്തും അയാൾ അതിനെക്കുറിച്ച് ഇതെല്ലാം ഇനിയും എനിക്ക് ജന്മങ്ങൾക്ക് കാരണമായി തീരുമോ എന്ന് ചിന്തിക്കാം സ്വാഭാവികമായിട്ടും ആസ്തികനങ്ങനെ ചിന്തിക്കും അവിടെയാണ് ഭാഷകാരൻ എന്ന് പറയുന്നത് ബോധം ഇത് ധാർമ്മിക ബോധമല്ല നീതിബോധമല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ആ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കരുത് ഭാഷികാരനങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത് എൻ്റെ വ്യാഖ്യാനമല്ല പിന്നെ ഇതിന്റെ ആധ്യാത്മികമായ ബോധം എന്താണ് എന്താണ് നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് പാപം പുണ്യം തൻ്റെ കർമ്മങ്ങൾ തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് തൻ്റെ അന്ധകരണത്തിൽ സഞ്ചയിച്ചിരിക്കുന്ന പാപപുണ്യങ്ങൾ അങ്ങനെയുള്ള ഈ ചിന്ത ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ഇതിന് തൊട്ടു മുമ്പാണ് ആനന്ദസ്വരൂപനായ ബ്രഹ്മമാണ് താനെന്ന് അറിയുന്നു എന്ന കാര്യം പറയുന്നത് അത് കഴിഞ്ഞിട്ടാണത് പറയുന്നത് അവനെ സംബന്ധിച്ച് ആനന്ദസ്വരൂപമായ തന്നിൽ നിന്ന് അന്യമായി യാതൊന്നും തന്നെ ഇല്ല പുണ്യവുമില്ല പാപവുമില്ല അപ്പോൾ തന്നിൽ ജന്മകാരണമായി ഒന്നുമില്ല കാര്യം കാരണം ഈ കട്ടുപാടുകളിൽ നിന്നെല്ലാം അവൻ മുക്തനായിരിക്കുന്നു അതാണ് അതിന് ആധ്യാത്മിക ചിന്തയെന്ന് പറഞ്ഞത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ മനസ്സുകൊണ്ട് കുടഞ്ഞു ഇവിടെ പറയുന്നത് അപ്പോൾ ആത്മബോധം അങ്ങനെയുള്ളവർ പിന്നെ എന്തും തെറ്റും ചെയ്യാമോ അവനെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല ഇത് തൻ്റെ ശരി തെറ്റുകളെ കുറിച്ചല്ല പറയുന്നു സഞ്ചിതമായിരിക്കുന്ന തൻ്റെ പാപപുണ്യങ്ങൾ തൻ്റെ ഇനിയുള്ള ജന്മത്തിന് കാരണമാകുമോ എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പ്രായത്ത കർമ്മങ്ങൾക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും പരിഹാരഗ്രിയകൾക്ക് വേണ്ടിയോ ഒന്നുമുള്ള ഒരു ചിന്തകളെ അവൻ്റെ മനസ്സ് വരുന്നുണ്ട് കുറേ മന്ത്രം ജപിച്ചിട്ട് ഈ പാപങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാം കുറേ സൽക്കർമ്മങ്ങൾ ചെയ്തതിനെക്കെ ക്ഷയിപ്പിച്ച് കളയാം ഇങ്ങനെയുള്ള ചിന്തകളൊന്നും അവൻ്റെ ഉള്ളിൽ വരുന്നില്ല എന്തുകൊണ്ട് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ അവൻ സർവത്തെയും പാപവും പുണ്യവും ഭൂതവും ഭാവിയും എല്ലാം അവൻ പരമാത്മ സ്വരൂപമായി തന്നെ കാണുന്നു അതുകൊണ്ട് അവന് യാതൊരു തരത്തിലുള്ള കർത്തവ്യങ്ങളും ശേഷിക്കുന്നില്ല കർത്തവ്യ ചിന്തയില്ല അതാണ് അവന് പറയുന്നത് അതാണ് സത്യവും മുക്തി പറയുന്നത് അവൻ ഇതിൽ നിന്നൊക്കെയാണ് മുക്തി നേടുന്നത് ഒരുവൻ മുക്തി നേടുക എന്ന് പറയുന്നത് തൻ്റെ ഇത്തരത്തിലുള്ള പാപബോധങ്ങളിൽ നിന്നും അതിൻ്റെ ഫലമായി വരുന്ന ബന്ധന ചിന്തകളിൽ നിന്നുമാണ് അതിൽ നിന്നവൻ മുക്തനായി അതെങ്ങനെ മുക്തി ആത്മബോധം കൊണ്ട് ബോധം കൊണ്ട് മുക്തി എന്ന് പറയുന്നത് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മറിച്ച് ഞാനൊരു തെറ്റ് ചെയ്തു മനസ്സിൽ കരുതുക തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് വെറുതെ വരുതല്ല പിന്നെ അതിൻ്റെ പരിഹാരത്തിന് പ്രായചിത്തം ചെയ്യുക ഈ ഒരു തലമല്ല വീണ്ടും അത് ആവർത്തിക്കുക വീണ്ടും പ്രായചിത്വം ചെയ്യുക അല്ലെങ്കിൽ സ്വയം മനസ്സുകൊണ്ട് അതിനെയൊക്കെ മറക്കാൻ ശ്രമിക്കുക സാരമില്ല എന്ന് ചിന്തിക്കുക ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് ഭാവിക്കുക തന്റെ കൃത്രിമമായ അക്ഷൗഭ്യത അതിനെ പുറമേ പ്രകടിപ്പിക്കുക ഇതൊന്നും എന്നെ ഇളക്കിയിട്ടില്ല ഇത്തരം നാടകങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നു അങ്ങനെയല്ല ഭാഷകാരന്ന് ഇതിനെ നമുക്ക് മനസ്സിലാക്കി ഇതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല അത് നീതിബോധത്തിൻ്റെയും ധാർമ്മിക ബോധത്തിൻ്റെയും വിഷയമാണ് അത് രണ്ടിനും അതീതനായിരിക്കുന്ന ആളാണ് ഇവിടെ പ്രീതാത്മ ബോധമുള്ളവൻ അവന് പാപബോധവുമില്ല പ്രായച്ചത്ത കർത്തവ്യങ്ങളുമില്ല അങ്ങനെയൊരു ബോധത്തെ ആർജിക്കുന്നതിനുള്ള കരണശുദ്ധിയെല്ലാം അവന് സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് അശുദ്ധിയാവും നേടിക്കഴിഞ്ഞു അശുദ്ധിയില്ലാതെ അവന് ഈ ബോധം ഉണ്ടാകത്തില്ലോ അപ്പൊ അവൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല അപ്പോ സമൂഹത്തിന്റെ വിചാരണയോ അല്ലെങ്കിൽ കോടതിയുടെ വിചാരണയോ ഒന്നും അവനെ സംബന്ധിച്ച് വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ അവന് ഏതെങ്കിലും ഭാവങ്ങളിൽ ജീവിതം തുടരേണ്ട ആവശ്യവുമില്ല അങ്ങനെ സ്വയം കൽപ്പിതമായ സിദ്ധാന്തങ്ങൾ അഭിരമിക്കേണ്ട ആവശ്യവും വരുന്നുണ്ട് ഇവിടെ ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട് സത്യം അത് ഗ്രഹിച്ചാൽ മാത്രം വന്നു അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യന്റെ നീതിബോധത്തിനും എന്താണ് ധാർമ്മിക ബോധത്തിനും അപ്പുറമാണ് നമ്മളൊരാള് ഒരു കുറ്റക്കാരനെന്ന് പറഞ്ഞ് കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്യുന്നു അവനെ തെട്ടുകാരനെന്ന് വിധിക്കുന്നു അല്ല അവൻ കുറ്റവിമുക്തമാക്കുന്നു നമുക്കറിയാം എന്താണെന്ന് നമുക്കൊരിക്കലും അതറിയാൻ കഴിയും അവനുള്ള ശേഷി ആർക്ക് പൂർണമായും ഒരു ശേഷി ആർക്കും വന്നിട്ടില്ല ഒരു മനുഷ്യനും വന്നിട്ടില്ല ഈശ്വരനല്ലാതെ ആർക്കും അങ്ങനെ ഒരു ശേഷിയില്ല എന്നാലും നമ്മളെന്തെയും പക്ഷം പിടിക്കും അയാൾ തെറ്റുകാരനാണോ വേറൊരു പക്ഷം പറയല്ല അയാൾ ശരിയാണ് നമുക്കെങ്ങനെ തെറ്റ് ശരി നമുക്കറിയില്ലെങ്കിലും നമ്മളെന്തു ചെയ്യും സാഹചര്യ തെളിവുകൾ അതിനെ തെറ്റുകാരനാക്കാനും കുറ്റവിമുക്തനാക്കാനും എല്ലാം നമ്മളീ തെളിവുക ഈ ആ ഒരു തലത്തിലല്ല ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു അതിലല്ല ഇതിനെ നോക്കിക്കാണേണ്ടത് അത് അവരുടെ കാര്യം ചെയ്തെങ്കിൽ അതിൻ്റെ ശിക്ഷ ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല നമ്മൾ അതിൽ വിധിക്കാൻ ആരുമല്ല നമുക്ക് വിധിക്കാൻ കഴിയത്തില്ല നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾ എന്തിനാ വിധിക്കാൻ പോകും നമ്മൾ നമ്മൾക്കറിയാത്ത ഒരു കാര്യം ഒരാൾ അച്ഛണ്ടിയിട്ട് ഇയാൾ കുറ്റവാളിയാണെന്ന് നമ്മൾ എന്തിനാ പറയാൻ പോകുന്നു നമ്മൾ എന്തിനു പറയുന്നത് ഇയാൾ നിരപരാധിയാണ് രണ്ടും നമ്മുടെ ജോലിയല്ല നമുക്കതിന് കഴിയില്ല രണ്ടും നമുക്ക് പറയാൻ കഴിയത്തില്ല അപ്പോൾ ആ തലത്തിലല്ല ഇവിടെ പാഷുകാരൻ ഈ കാര്യത്തെ കാണുന്നു അത് അവരവർ തീരുമാനിക്കട്ടെ അവരവൻ്റെ അന്ധകരണം തന്നെ തീരുമാനിക്കട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റിയെന്ന് അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല നമ്മളെ സംബന്ധിച്ച് വിഷയമല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഈ ബോധം വേണം അതാണ് വേണ്ടത് ഭക്ഷ്യധാരൻ പറയുന്ന ഈ കൃതകൃത്യതാ ബോധം അതുണ്ടെങ്കിൽ നമ്മളാരെയും വിധിക്കത്തില്ല വിധിക്കുന്നത് തെറ്റുകാരനാണെന്ന് വിധിക്കുന്നത് മാത്രമല്ല വിധി തെറ്റുകാരനല്ല എന്ന് വിധിക്കുന്നതും വിധിയാണ് രണ്ടിനും നമ്മൾ തയ്യാറാകും സ്വന്തം കാര്യത്തിലോ അവിടെ അതാ പറയുന്നത് അതാണ് ആധ്യാത്മികം എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച കാര്യമാണ് ആധ്യാത്മികം എന്ന് പറയുന്നതിൻ്റെ ഒരിടത്തും ഒരു ശതമാനം പോലും അത് പരനെ സംബന്ധിച്ച ഒരു കാര്യമില്ല ആ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണോ തന്നെ സംബന്ധിച്ച കാര്യമൊന്നാണ് അത് വേണമെങ്കിൽ വ്യാകരണം പഠിച്ചവരുടെ അടുത്ത് ആത്മീയത ആത്മീയതയിൽ പരനെ സംബന്ധിച്ച ഒരു കാര്യമേ നിങ്ങൾ ആത്മീയത ഉണ്ടോ ഉണ്ടെങ്കിൽ പരനെ സംബന്ധിച്ചൊരു കാര്യമേ നിങ്ങളില്ല ഭാഷകാലം എപ്പോഴും അതാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ എല്ലാ പ്രവൃത്തികളും പരണക്കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നു നമ്മളെപ്പോലെയുള്ള കാര്യം ഉള്ളവരുടെ കാര്യമാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ഞാൻ പ്രവർത്തിക്കുന്നു ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധർമ്മം ധർമ്മചിന്ത ശിഷ്ടന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അത് ഭഗവാന് പറയാൻ എന്തുകൊണ്ട് എന്തുകൊണ്ടാ ഏശ്വനായുണ്ടെന്നാണ് പറയുന്നത് ഏ നമ്മള് ഗ്രഹത്തിൽ ചർച്ചയാണ് ഭഗവാന്റെ ബോധം എന്ന് പറയുന്നത് പരായത്വമല്ല ഓർമ്മയുണ്ട പരായത്വമല്ലാത്ത ബോധം അപരായത്ത ബോധോഹി ഓർമ്മയുണ്ടാ എന്തോർമ്മിക്കാനോ അത് അപരായത്വ ബോധം അല്ല പരായത്ത ബോധം പരായത്ത ബോധം എന്ന് പറഞ്ഞാൽ എന്താണ് പരൻ എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്ന ബോധത്തിലല്ല അത് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോ നമ്മൾ ലോകത്ത് നന്നാക്കാറങ്ങുന്ന ഏത് ബുദ്ധിയിലാണ് പരബുദ്ധിയിലാണ് അതാണ് അപകടം എന്ന അവിടെ ഭാഷ്യകാരം പറയുന്നത് അതുകൊണ്ടാണ് അവനൊരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നത് ഞാൻ ഭാഷകാരൻ്റെ നിലപാടതാണ് വ്യക്തമായ നിലപാട് ഞാൻ പറയുന്നില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ലോകം നന്നാവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രയോജനമില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ നിരുത്സാഹപ്പെടുന്നു ഞങ്ങൾ മണ്ടന്മാരെന്ന് പറയുന്നു അങ്ങനെയല്ല മനസ്സിലാക്കുന്നു എന്താണ് നമ്മുടെ പരായത്ത ബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അത് ബുദ്ധി എന്ന് പറയുന്നില്ല ഭാഷകാരൻ പറയത്തില്ല ആധ്യാത്മിക ബുദ്ധി എന്ന് പറയുമ്പോൾ അത് ആത്മബോധത്തിൽ ചെയ്താലേ ആധ്യാത്മിക ബുദ്ധിയാവും ആത്മബോധത്തിൽ ചെയ്യുമ്പോൾ അവിടെ പരന്നില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഇവനെ പരന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കും പരന്നില്ലെങ്കിൽ അപ്പൊ അങ്ങനെ ബോധത്തിൽ അവൻ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ എല്ലാ വാക്ക് കായകർമ്മങ്ങളെല്ലാം ആത്മവിശുദ്ധിക്ക് വേണ്ടിയായിരിക്കും എന്നിട്ട് തൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയായിരിക്കും അതർത്ഥ ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് അതെന്തായാലും ആർക്കും ദോഷം ചെയ്തില്ല ചെയ്യുന്നെങ്കിൽ ഗുണമേ ചെയ്തു അല്ലാതെ അവൻ്റെ അപരിഷ്കൃതമായ ബുദ്ധിക്കനുസരിച്ച് അവൻ ലോകം നന്നാക്കി ഇറങ്ങിത്തിരിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഭാഗത്തെയാണ് അദ്വൈതത്തെ കുറിച്ച് അത് ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യമല്ല പറയുന്നു അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങളെന്നൊരു ഉത്സാഹപ്പെടുത്തുന്നു എന്നൊന്നും ചിന്തിച്ചു കളയാഷുകാരൻ പറയുന്ന ഒരു സത്യബോധം ആ സത്യബോധത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ശരി നിങ്ങൾ അന്യനു വേണ്ടി പ്രാർത്ഥിച്ച അവനൊരിക്കലും രക്ഷപ്പെടില്ല അവൻ രക്ഷപ്പെടുന്നില്ല എന്നേ പോട്ടെ ഈ പ്രാർത്ഥിക്കുന്നവനോ അവന്റെ ഗതി എന്താ ഏ അവനും രക്ഷപ്പെടില്ല ഇതാണ് ഭാഷകാരൻ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് പലരുടെയും മനസ്സിൽ സംശയം വരും ഞങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെയാണോ ഇതൊക്കെ പറയുന്നത് ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് യാതൊരു സംശയവുമില്ല യാതൊരു സംശയമില്ല ഇതാണ് സത്യമായി നമുക്ക് ബോധ്യപ്പെടാമെന്നുള്ള ഒരു കാര്യം അതിന്റെ വെളിച്ചത്തിൽ പറയും അപ്പൊ ഇത് ഒരു കാഴ്ചപ്പാടി പറയാണ് തന്നെ ആനന്ദസ്വരൂപനായ തത്വമായി അറിയുന്നവൻ അവൻ എന്ന പാപം തപിപ്പിക്കുന്നില്ല എന്നാ പറയുന്നത് അതേ വാക്കാണ് കൂടെ ഉപയോഗിച്ചത് തപതി അവനെ അത് തപിപ്പിക്കുന്നില്ല ഇത് ചെല്ലു പറയും ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ പിടികിട്ട് അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്താണോ സ്വാനുഭവത്തെ മുൻനിർത്തി ചിന്തിച്ച് നോക്കണം നമുക്കൊണ്ടൊരു ജൈവഘടന നമ്മുടെ കരണങ്ങളും നമ്മുടെ ബോധവും എല്ലാം കൂടി ചേർന്ന് അതിനെയാണ് നമ്മൾ പറയുന്ന ആത്മീയം എന്ന് അതിനെ മുൻനിർത്തി ചിന്തിക്കണം അപ്പൊ നമുക്ക് മനസ്സിലാകും മറിച്ച് നമ്മുടെ ബ്രെയിനിനെ മുൻനിർത്തി ചിന്തിക്കുക അത് നമ്മുടെ ആത്മീയതയെ മുൻനിർത്തി ചിന്തിക്കണം അപ്പൊ നമുക്ക് മനസ്സിലാകും ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് സത്യമാണ് അതുകൊണ്ട് ഇത് പറയുന്നത് അതാണ് ആദ്യം പറഞ്ഞു വിദ്വാൻ എന്ന വിഭേദി ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിഭേദി കുതച്ചനാണ് തൈത്തി രീതി പറയുന്നു അപ്പോൾ ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണോ അപ്പോൾ അത് പാപരഹിതനാണ് ദുഃഖരഹിതനാണ് നമ്മുടെ ഈ പറയുന്ന ആശങ്കകൾ ആശങ്ക ശൂന്യനാണ് അതാണ് ആനന്ദം എന്ന് പറയുന്നത് അല്ലാതെ പാൽപ്പായസം പോലെയുള്ള ആനന്ദമൊന്നുമില്ല അതൊന്നും പ്രതീക്ഷിക്കുക നിരാശപ്പെടേണ്ടി വരും അങ്ങനെയുള്ള ആനന്ദസ്വരൂപനായിരിക്കുന്ന തത്വമാണെന്നറിഞ്ഞ് അവന് ഭയമില്ല താപവുമില്ല ഭയവും ഒരു താപമാണല്ലോ അതൊന്നുമില്ല അതിൻ്റെ ഫലത്തെ അടുത്ത ഭാഷകാരൻ വ്യക്തമായി പറയുന്നുണ്ട് എന്താ ഇതിൻ്റെ പ്രയോജനം ഞാനത് പറയുമ്പോൾ പലരും തല ചൊറിയുന്നുണ്ടോ എന്തായി പറയുന്നു പലരും ചോദിക്കുന്ന ചോദ്യം ഇതുകൊണ്ട് എന്താ പ്രയോജനം പറയുന്നതൊക്കെ കൊള്ളാം എന്താ പ്രയോജനം എന്നുള്ള ചോദ്യത്തിൻ്റെ പിന്നിൽ എന്താണോ ഇതുകൊണ്ട് ഇതുവരെ തനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് അതാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത് ഇത് പ്രയോജനമുള്ളത് തന്നെയാണ് ഭാഷ്യാരംഭരം ഞാൻ പറയുന്നതല്ല ഞാൻ തുടങ്ങിയ സമയത്തെ പറഞ്ഞു എന്താണ് ആ മറ മറന്നിട്ടില്ല അതുകൊണ്ട് ഇതിനൊന്നും നിങ്ങൾ എന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് എന്നെ ആക്രമിക്കാൻ വരരുത് ഞാൻ ഭാഷികാരും പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ് നിനക്ക് സംസ്കൃതം അത്ര വശമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മലയാളത്തിൽ പറയുന്നു എന്നുള്ളതേയുള്ളൂ അധികവിഞ്ഞൊന്നുമില്ല അതാണ് അടുത്ത് പറയാൻ പോകുന്നത്